ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പും ആകാശത്തെ ഒരു മേൽക്കൂരയുമാക്കുകയും ആകാശത്തുനിന്ന് വെള്ളമിറക്കി അതുവഴി നിങ്ങൾക്ക് ഉപജീവനമായി പലതരം ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തവനാണവൻ അതിനാൽ അള്ളാഹുസുബഹാനഹുവച്ചാരാക്ക് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുത് നിങ്ങളതറിയുന്നവരുമായിരിക്കേ